നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഭാഗമായിട്ട് നമ്മൾ ആരാധന എങ്ങനെയാണ് നമ്മൾ നമ്മളിൽ പ്രത്യേകിച്ച് ഭാരതീയരിൽ എല്ലാ ലോകത്തിലെങ്കിലും ഇങ്ങനെ തന്നെയാണ് പിന്നീട് വന്ന മാറ്റങ്ങളാണ് എങ്ങനെയാണ് ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം ഒക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ആധുനിക കാലത്തോ രൂപം കൊണ്ട ഒരു സങ്കല്പല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഭൂമിയിൽ ജീവിതം ആരംഭിച്ച കാലം മുതൽ സങ്കല്പ ഉണ്ടായിട്ടുള്ളൊരു സങ്കല്പമാണെന്ന് പ്രത്യേകം ആലോചിക്കണം ഇന്നത്തെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ കാട്ടിൽ അല്ലെങ്കിൽ നദീതീരങ്ങളിൽ വേട്ടയാടിയിട്ടും ഒക്കെ വേട്ടയാടിയും അതുപോലെ കായികറികൾ ശേഖരിച്ചും ഭക്ഷിച്ചിരുന്ന മനുഷ്യൻ മനുഷ്യനിൽ ആദ്യമായിട്ട് എങ്ങനെ ഈശ്വരവിശ്വാസം രൂപം കൊണ്ടുപോകും പിന്നീടതെങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് ഇ കാണുന്ന രൂപത്തിലെത്തി എന്നതിലേക്കുള്ളൊരു അന്വേഷണമാണ് പറയണത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അമ്മ എന്ന സങ്കല്പം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വെറും കാട്ടുവാസി ആയിരുന്ന സമയത്ത് ആ മനുഷ്യന് പ്രകൃതി അല്ലാതെ വേറൊന്നുമില്ല അവനീ കാണുന്ന പ്രകൃതി മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഇന്ന് അപ്പം അങ്ങനെ ആ ഒരു കാലത്തന്നെ മനുഷ്യരിൽ ആദ്യമുണ്ടായ വിശ്വാസം അമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ രക്ഷിതാവ് എനിക്ക് അമ്മ എന്ന രക്ഷിതാവ് ഉള്ളതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ കാണുന്ന എല്ലാവരെയും സങ്കല്പിച്ചിട്ട് നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു മാതാവ് ലോകമാതാവ് ഭഗവതി ഭഗവതിയിൽ നിന്നും വിളിച്ചിട്ടുണ്ടാവില്ല എന്ന് അങ്ങനൊരു സങ്കല്പത്തിനാണ് ആദ്യത്തെ ഈശ്വരാരാധനാ സമ്പ്രദായം ഉടലെടുക്കുന്നത് ഇത് ലോകത്തെ എവിടെ പോയാലുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് മറ്റുള്ള മതങ്ങളൊക്കെ മതം എന്ന സങ്കല്പവും മതങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടത് പിന്നീടാണെന്ന് നമ്മൾ ആലോചിക്കണം ആ ഒരു എനിക്ക് എൻ്റെ അമ്മയാണ് ഈശ്വരൻ അമ്മയാണ് എന്നതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തം ലോകത്തിൻ്റെ മൊത്തം നോക്കുമ്പോൾ ഈ ഭൂമി ഈ പ്രകൃതി തന്നെയാണ് നമുക്കെല്ലാം തരുന്നത് എല്ലാം തരുന്നത് പ്രകൃതിയാണ് അപ്പം അങ്ങനെ ഈ പ്രകൃതിയെ തന്നെ മാതാവായിട്ട് ആരാണോ നമ്മളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തി വലുതാക്കുന്നത് അതുപോലെ തന്നെ നമുക്കെല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാം പ്രസവിക്കുന്നതും ഉണ്ടാക്കുന്നതും വളർത്തുന്നതും ഒക്കെ ഈ പ്രകൃതിയാണ് അതുകൊണ്ട് സൂക്ഷ്മതലത്തിൽ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പ്രകൃതി നമ്മുടെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് പ്രകൃതിക്കുള്ളത് അതുകൊണ്ടുതന്നെ പ്രകൃതിയെ മാതാവായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങി ഈ അമ്മ ചില സമയത്ത് എല്ലാ സമയത്തും ശാന്ത സ്വഭാവമായിക്കൊള്ളണമെന്നില്ല അമ്മ ചില സമയത്ത് ക്രൂരയാവാറുണ്ട് നമുക്കറിയാം നമ്മുടെ അമ്മയും എല്ലാവരുടെ അമ്മയും പല സമയത്തും കുട്ടികളോട് ദേഷ്യപ്പെടും ശ്വാസിക്കും അടിക്കും എല്ലാം ചെയ്യും അത് കുട്ടികളുടെ ഒരു നന്മയെ കരുതിയിട്ടാണ് ഒരുവിധ അമ്മമാരൊക്കെ അപൂർവം ചില അമ്മമാർ അതിക്രൂരകളുണ്ട് അത് നമ്മൾ വിസ്മ തന്നെയാണ് അത്യപൂർവം തന്നെയാണ് ഒരുവിധം അമ്മമാർ അവരുടെ ആ ദേഷ്യം ഒക്കെ കുറച്ച് സമയത്ത് കുട്ടികൾ എന്തെങ്കിലും പ്രകൃതി കാണിക്കുമ്പോഴൊക്കെ കുട്ടികളെ ശ്വാസിക്കുക ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാ അമ്മമാരും ചെയ്യാറുണ്ട് അതുതന്നെയാണ് ഈ പ്രകൃതിയും ചെയ്യുന്നത് പ്രകൃതി തൻ്റെ മക്കളെ ഒന്ന് ശ്വാസിക്കും ദേഷ്യപ്പെടും ഒക്കെ ചെയ്യും അപ്പം അത് കാറ്റായിട്ടും അമ്മയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഒന്ന് അടിക്കും സ്വന്തം അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചെവി പിടിക്കും അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചീത്ത പറയും രൂക്ഷമായിട്ട് നമ്മളെ നോക്കും ഒക്കെ ചെയ്യും അതെല്ലാ അമ്മമാരും ചെയ്യണതാണ് അങ്ങനെ കുട്ടികളെ വികൃതി കാണിക്കുമ്പോൾ അതുകൊണ്ടുതന്നെ അത് തന്നെ ഈ ലോകമാതാവായിട്ടുള്ള ഈ പ്രകൃതിയും നമ്മളോടൊക്കെ കാണിക്കും ഇടയ്ക്കാ പ്രകൃതി ഇടയ്ക്കാതൊന്ന് ദേഷ്യപ്പെടും പ്രകൃതി നമ്മുടെ മാതാവ് അപ്പം അത് കാറ്റായിട്ടും പ്രളയമായിട്ടും സുനാമിയായിട്ടും ഭൂകമ്പമായിട്ടും ഒക്കെ നമ്മളെ അടിക്കുക ചെവി പിടിക്കുക നുള്ളുക ചീത്ത പറയുക നോക്കുക അങ്ങനെയൊക്കെ നമ്മുടെ അമ്മ ചെയ്യുന്നത് തന്നെ ഈ ലോകത്തിൻ്റെ മുഴുവൻ മാതാവായിട്ടുള്ള പ്രകൃതിയും തൻ്റെ മക്കളെ ഇടയ്ക്കൊന്നിങ്ങനെ മക്കളോട് ദേഷ്യപ്പെടാറുണ്ട് അതാണ് ഈ പ്രകൃതി ദുരന്തങ്ങളായിട്ട് നമ്മളെ അവ സഹി കെടുമ്പോൾ സമയത്ത് അമ്മമാരങ്ങനെ വെറുതെ കുട്ടികളെ ചീത്ത പറയുകയൊന്നുമില്ല ചില സമയത്ത് സഹി കെടുന്ന സമയത്താണ് കുട്ടികളെ ഒന്ന് ചീത്ത പറയുക അപ്പോൾ അമ്മയും ചെയ്യണത് അതുപോലെ തന്നെയാണ് ഇടയ്ക്കൊന്ന് ഈ പ്രകൃതിയാകുന്ന മാതാവ് ഒന്ന് സഹി കെടുമ്പോൾ നമ്മളെ ഒന്ന് ഒന്ന് നമ്മളോട് ഒരു കോപം ഉണ്ടാവും പക്ഷെ അത് വളരെ താൽക്കാലികമാണ് കുറച്ച് എല്ലാ അമ്മയും അങ്ങനെ സ്ഥിരമായിട്ട് കോപറ അമ്മയൊന്നും താൽക്കാലികം കുറച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ ആവും അതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതിയെ നോക്കുക രണ്ടാഴ്ച മുമ്പേ ഇതുപോലെ അമ്മ ദേഷ്യപ്പെട്ടു കുറച്ചൊന്ന് രൂക്ഷമായിട്ട് ദേഷ്യപ്പെട്ടു ആ ദേഷ്യത്തിൽ ഒരു പ്രളയം വന്നു കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി ഇന്നിപ്പോൾ നോക്കുക നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു ദേഷ്യപ്പെട്ടതിൻ്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന എന്തെങ്കിലും ഒരു ഭാവം ഈ അമ്മയിലുണ്ടോ പ്രകൃതിയിലുണ്ടോ ഒന്നുമില്ല വളരെ ശാന്ത സ്വഭാവമായിട്ട് ആ പ്രകൃതി നിൽക്കണു അപ്പോൾ അങ്ങനെ പ്രകൃതി എന്ന ഈ മാതാവ് നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മളുടെ ഈ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ എങ്ങനെയാണ് ഈശ്വരവിശ്വാസത്തിൻ്റെ ഒരു തോത് എങ്ങനെയാണ് ഈശ്വരവിശ്വാസം വളർന്ന് വികസിച്ച് വലുതായത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ പ്രകൃതി മാതാവ് ഇടയ്ക്ക് നമ്മളെ കോപിക്കുകയൊക്കെ ചെയ്യും എന്നാലും അത് താൽക്കാലികമാണ് വീണ്ടും പഴയതുപോലെ തന്നെയാവും അപ്പം അങ്ങനെയാണ് ഈ അതുപോലെ തന്നെ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ വിവിധ സങ്കല്പങ്ങളിലൊക്കെ ഈ മാതാവിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് നമ്മുടെ അമ്മയ്ക്കന്നെ ജീവിതത്തിൽ നോക്കുക എത്രയോ റൂളുകളുണ്ട് നമ്മുടെ അമ്മ നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം തരുന്നു ആ ലോകമാതാവായിട്ടുള്ള ഈ പ്രകൃതി നമുക്ക് ഭക്ഷണം തരുന്നു ആ പ്രകൃതി നമ്മൾ അന്നപൂർണേശ്വരി എന്ന് വിളിക്കണം നമ്മുടെ അമ്മ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാ അമ്മമാരും കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക വിദ്യാഭ്യാസ കാര്യത്തിൽ അവരെ സഹായിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രകൃതിയും സരസ്വതി എന്ന ഭാവത്തിൽ വിദ്യ നൽകി നമ്മളെ അനുഗ്രഹിക്കണം നമ്മുടെ അമ്മ ചിലപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ ചൂട്ടിയായിരുന്ന സമയത്ത് നമ്മളെ എതിരിടാന് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള നമുക്കെതിരായിട്ട് വരുന്നതിനൊക്കെ വളരെ ശക്തിയായിട്ട് നമ്മളമ്മ തട്ടിത്തെറിപ്പിക്കാറുണ്ട് അതിനോട് എതിരിടാറുണ്ട് നമ്മളെ രക്ഷിക്കാറുണ്ട് ഇടയ്ക്കൊന്ന് കോപാകുലി ആവാറുണ്ട് നമ്മുടെ എതിരാളികളോട് എതിരാളികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശത്രു എന്നല്ല താൽക്കാലികമായിട്ടുണ്ടാവണം എന്തെങ്കിലും ആ സമയത്ത് അതന്നെ ഈ പ്രകൃതി കാളി എന്ന രീതിയിൽ ഇടയ്ക്ക് അമ്മയുടെ ഭാവം കാളി എന്ന ഭാവത്തിലാവാറുണ്ട് അപ്പം അങ്ങനെ വിവിധ ഭാവങ്ങളിൽ വിവിധ സങ്കല്പങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ഈ അമ്മ മാറുന്നുണ്ട് അമ്മയ്ക്കൊന്നും ഒരേ ഭാവമല്ല അമ്മങ്ങനെ ഭാവം ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് പല സമയങ്ങളിലും പല ഭാവത്തിൽ നമുക്ക് കാണാം അതുതന്നെയാണ് ഈ പ്രകൃതിയാകുന്ന മാതാവും വിവിധ ഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വിവിധ സങ്കല്പങ്ങളിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും നമ്മൾ ആരാധിക്കണതും അപ്പം അങ്ങനെയാണ് പടിപടി പടിപടിയായിട്ട് ഈ ഈശ്വര സങ്കല്പത്തിൻ്റെ ഒരു വളർച്ചയും ഒരു വികാസവും ഇതൊന്നും ഇന്നും ഇന്നലെയോ ഉണ്ടായതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യനിൽ വളർന്ന് വികസിച്ച് രൂപം കൊണ്ട ഒരു സങ്കല്പമാണ് ആ ഒരു സങ്കല്പം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ തുടർന്ന് വരുന്നു നമ്മുടെ സങ്കല്പം നമ്മുടെ ഭാരതത്തിലും മറ്റുള്ള എല്ലാ ഈ സങ്കല്പമുണ്ട് പിന്നീട് മറ്റു പല മതം മതം എന്ന സങ്കല്പമൊക്കെ പിന്നീടാണ് വരേണ്ടത് അപ്പം അങ്ങനെ ആദ്യത്തെ ആരാധന മാതാവിനോട് തന്നെയാണ് ഈ പ്രകൃതിയെ തന്നെ മാതാവായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്ന് ഒന്ന് പറയാൻ വേണ്ടിട്ടല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനം മാതാവ് എന്ന ആദി ദൈവ സങ്കല്പത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാനാണ് ഇത് പറയാൻ കാരണം ഇനി ഇത് നവഗ്രഹങ്ങളിലേക്ക് നമുക്കിനി ഇതിനെ ബന്ധപ്പെടുത്താം ഇതിനെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ കാരണം ഇനി നമുക്ക് പിതാവ് എന്ന വലിയൊരു സങ്കല്പത്തിലേക്ക് കിടക്കാം നമസ്കാരം